വാഹുസുബഹാനഹൂവച ആലാക്ക് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട് അതിനാൽ ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അവനെ വിളിക്കുക അവൻറെ നാമങ്ങളിൽ വളച്ചൊടിക്കുന്നവരെ നിങ്ങൾ വിട്ടേക്കുക അവർ ചെയ്ത കാര്യങ്ങൾക്ക് അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്